അവർ ചോദിച്ചു തീർച്ചയായും താങ്കൾ യൂസഫ് തന്നെയാണോ അദ്ദേഹം പറഞ്ഞു ഞാൻ യൂസഫാണ് ഇതാ എൻറെ സഹോദരനും അള്ളാഹുസുബഹാനഹൂവത്ത് ആയാല ഞങ്ങൾക്കൌദാര്യം നൽകിയിരിക്കുന്നു തീർച്ചയായും ഭയഭക്തിയോടെ പ്രവർത്തിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവന് അള്ളാഹുസുബഹാനഹൂവത്ത് ആല സൽഗുണസമ്പന്നരുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയില്ല